ിധ്യമായി വെളിച്ചം വിതറുന്ന കുഞ്ഞു കഥയുമായി തളിരുകൾ അവതരണം ജോസഫൈൻ വേനൽ കഴിയാറായി ഇനി വരുന്നത് മഴക്കാലമാണ് ഉറുമ്പുകൾ അരിമണികൾ ധൃതിപ്പെട്ടു ശേഖരിച്ചു അവ സൂക്ഷിച്ചുവെച്ചു ഉറുമ്പുകളുടെ അയൽക്കാരനായിരുന്നു പുൽച്ചാടി കുഴിമടിയൻ തീറ്റപ്രിയൻ കിട്ടിയതെല്ലാം തിന്ന് പുൽമേട്ടിൽ അവൻ ചാടിക്കളച്ചു പൂക്കളോട് കിന്നാരം പറഞ്ഞും ശലഭങ്ങളോട് സ്വകാര്യം പറഞ്ഞും സമയം കളഞ്ഞു ഒരു ദിവസം അയൽക്കാരനായ തേനുറുമ്പ് പറഞ്ഞു ചങ്ങാതി ഇങ്ങനെ സമയം ദൂർത്തടിക്കുന്നത് നല്ലതല്ല എന്റെ സന്തോഷം കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ അസൂയക്കാരൻ പുൽച്ചാടി പരിഹസത്തോടെ പറഞ്ഞു ഉറുമ്പ് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മിത്രമേ എനിക്ക് നിന്നോടെ എന്തിനാണ് അസൂയ എനിക്ക് കാലാറുണ്ടെങ്കിലും നിന്നെ പോലെ ചാടാനും ഓടാനും ആവില്ല തുള്ളിക്കൊരു കുടമെന്ന കണക്കിനു മഴ ചൊരിഞ്ഞാൽ നമുക്ക് പിന്നെങ്ങനെ പുറത്തിറങ്ങാനാവും അപ്പോഴും വേണ്ടേ ഈ സന്തോഷം അതിന് ഇപ്പോൾ എന്തെങ്കിലും ശേഖരിച്ചു വെക്കുന്നത് നല്ലതാവും വിശപ്പും കാണില്ല പട്ടിനിയും ഒഴിവാകും നീ നിന്റെ പാടുനോക്കൂറുമ്പേ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എനിക്കേ മഴക്കാലത്തൊരു പേടിയുമില്ല വാൽ കീറിയ ദൈവം ഇരയും തരും അതിനു നിന്നെ വേനൽ കഴിഞ്ഞു കുന്നുകയറി കാർമേഘങ്ങൾ വന്നു മഴ തുടങ്ങി കോരിച്ചൊരിയുന്ന മഴ നല്ല തണുപ്പ് ഒരു ജീവിക്കും പുറത്തിറങ്ങാനാവുന്നില്ല ഉറുമ്പുകൾ ശേഖരിച്ചു വച്ചിരുന്ന അരിമണികൾ കരുതലോട ഭക്ഷിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുൽച്ചാടി അതുവഴി വന്നു പഴയതുപോലെ ഉണർവില്ല ഓടിച്ചാടി നടത്തമില്ല ആകെ തളർന്ന അവസ്ഥ അവൻ ഉറുമ്പിനെ കണ്ടപ്പോൾ പറഞ്ഞു ചങ്ങാതീ നല്ല വിശപ്പ് ഈ മഴയത്ത് ഒന്നും തേടാനാവുന്നില്ല കുറച്ചു അരിമണികൾ തന്ന് സഹായിക്കൂ ഉറുമ്പ് അവനോട് പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് മഴക്കാലത്തെ പറഞ്ഞിരുന്നു അപ്പോൾ നീ എന്താ പറഞ്ഞത് വാൽ കീറിയ ദൈവം ഇരയും തരുമെന്ന് എന്നാൽ കേട്ടോ താൻ പാതി ദൈവം പാതി എന്നാണ് അത് മനസ്സിലാക്കി ിക്കുന്നവർക്കാണ് ദൈവം സഹായം നൽകുന്നത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ തരാനുള്ളത് ദൈവം തരും ഇത്രയും പറഞ്ഞ് ഉറുമ്പ് കുറച്ച് അരിമണികൾ പുൽച്ചടിക്ക് നൽകി നമുക്കായി അവതരിപ്പിച്ചത് ലിസ്ബറ്റ് ജോസഫൈൻ